أعوذ بالله من السيطان الرجيم مم. بسم الله الرحمن الرحيم ومنها أن يكون حزينًا منكترًا متضيقًا وامثًا هل هذا؟ آلامات البتضاء أغانيبورم أنسو دخم الله ونائيبورم نين آخنا دو سندوس وقوصا كويش ورقام بچولانا قال الله سندوسكي الله بحطور إليا എന്ത് സംഭിക്കാം ഇങ്കിത്താറ് പ്രകടിപ്പിക്കുന്നവനാവണം മൊത്തൻ താമസൻ നാമടക്കിയവൻ ഇതാണ് അവന്റെ ലക്ഷണം കണ്ടത്വത്തിഹി എന്താണ് അശയത്തിന്റെ ആധാറുകൾ പ്രകടമാവണം അവന്റെ ആകൃതിയിൽ അവന്റെ വസ്ത്രത്തിൽ അവന്റെ ജീവിതത്തിൽ കറക്കാത്ത സജനാത്തിനും സംസാരത്തിലും സുഖത്തിലുമെല്ലാം ലായന്തുറോയിലേഹി നാതിറൻ ഒരു നോക്കുന്ന അയാളിലേക്ക് നോക്കിയാൽ ഇല്ല വക്കാനുറുഹോ മുതക്കിലില്ലാ ആ നോട്ടം കണ്ടാൽ അന്നാലോർമ്മ അവന്റെ കരുതിലുണ്ടാവണം ذا رؤو ذكر الله نورين ورقا دعما نور مرفا ورقا نارفو لتعلم وقانت سورته دليلا على عمله هذا هو لابند سورته وابند عملتين هنا بالدليل ورقا فالجباد عينه مرآته وعلماء الآخرة يعرفون بثيماهم فالجباد فالجباد അങ്ങനെ തന്നെയുള്ളത് അതിനുഹൂർ മിർഹാസു എന്ന് പറഞ്ഞാൽ കണ്ണാടി അവന്റെ കണ്ണാട് അവന്റെ കണ്ണ് കണ്ണാടിയാണ് എന്ന് പറഞ്ഞാൽ അത് മറ്റേത് ഇങ്ങനെ തന്നെ പ്രതിഫലിച്ചിട്ട് ഇവന്റെ ഹൃദയത്തിലേക്ക് വധിച്ചാൽ അവന്റെ മാതരിയാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഒലമാവല്ലാസത്തിന് അവരുടെ സീമ കൊണ്ട് തന്നെ അറിയപ്പെടുന്നതാവും അവർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഈ വളരെ നല്ലൊരാമാണ് తకీనతను దిల్లతను తవాజుని మిల్తాతిని వినల రాజామానే లనొందదు వక్కద తీల మా అల్బతుల్లాహు అబదన్ లబసతల్ నహతన మిన్ ఖుసూఇన్ తీతకీనతన్ తీతకీనతలై కొండ ఖుసూఇనాలి ఖుసూయిన ఖకీనతో ఖుసూముడ కూడ ఆదినా కాణ ముందెర్ వస్త్రం అల్లాహు తాల అబదుని అణిచటిల్లనన వరిత తీతకీనతో ఖుసూ കുറച്ചുണ്ടായ സിനിത്ത് വന്നോളും എല്ലാത്തിനും അച്ചടക്കവും ഒരടക്കം ഒതുക്കും ഫഹീയ ലുപസത്തുല്ലമ്പിയാൽ അതാണ് അമ്പിയാമൃത്തലിങ്ങിയുടെയും ലുപസത്തിൽ വസീമ സ്വാധിഹീനമ സിദ്ധിഖീനമല്ലൊരമാന്റെ സീമയും അതാണ് ബാഹ്യലക്ഷണം എന്നാ ഇതിന് നേരെതിര് പറഞ്ഞു കലാമി കലാമിലെ അർത്ഥമില്ലാത്ത കുറവും പിച്ചുംബയും പറയാനുള്ളത് അവർ തമാസിയും ഭോത്താക്കും പൊട്ടീസ് തുടക്കി താപത്വം എന്ന് പറഞ്ഞാൽ എല്ലാം ചേർത്ത് വായിച്ചുകഴിഞ്ഞാൽ റോഹിത ജുലി എന്ന ഭർത്താനം ആ കൺകുട്ടിയൊന്നും ഉണ്ടാവില്ല വത്തക്കി അതുപോലെ തൊള്ളം ഉറച്ചും വർത്താനം വായി നൊറിയ തീറ്റിട്ടുണ്ടാവും വലിഷ്ടാക്കി പിന്നെക്കി അതുപോലെ ശരീരം കൂട്ടുപിടിക്കും വൻ ലിഗ്ദത്തി പിന്നെ ഹറക്കത്തി വൻത്തീ ചനത്തിനും അവന്റെ സംസാരത്തിലൊക്കെ ഭയങ്കരമായ ഒരു ഹിഗ്ദത്തിൽ ഒരു ഒരു എടുത്തുചാട്ടം പോലത്തെ ഒരു അച്ചടക്കമില്ലായ്മ ും ഇതൊക്കെ തന്ന ബത്തറിന്റെ ഒരു പൊങ്കറ്റത്തിന്റെ ആസാറിൽപ്പെട്ടതാണ് അമ്മിന്റെയും ഹൃദയത്തിലെയും പേടിയില്ലാഹുവിന്റെ കഠിനമായ സ്വക്തിനൊട്ടും ഉള്ള കാണിക്കുന്നത് أعلم ذلك الدنيا من نمو كرد الله وراء فيه مرد ودور الأولماء بهي الله نقدر الأولماء ربطولان وهذا قال لأن الأولماء ثلاثة أولماء كرمون بركانا بكما كان طهل الدين طهل رضي الله عنه برده وليه عالم بعمد الله تعالى لا بأيام الله تعالى وهم المفتوذ في الهلال والحرام അള്ളാഹുവിന്റെ അമൃ എന്ന് വെച്ചാൽ അവന്റെ വിധി വിലക്കുകൾ എന്താണോ അതിനെപ്പറ്റി അറിയും അതായത് ഒരു ഫതീത് എന്നർത്ഥം എന്നല്ലാണ്ട് അള്ളാഹുവിന്റെ അയ്യാമെന്നുള്ള ഈ ദിവസം എന്നല്ല അള്ളാഹുത്താലാൻ അയ്യാമെന്ന് വന്ന താറ്റിൻ രഹരികാരെ കൊണ്ട് അള്ളാഹുത്താലൻ എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തെല്ലാം ഉന്നതി കൊടുത്തിട്ടുണ്ട് സിസ്റ്റൻ രഹരികാർക്ക് അള്ളാഹുത്താലാൻ എപ്രകാരമാണ് കൈകാര്യം ചെയ്തതെന്ന് ഈ കണ്ടിന്റെ താരതമ്യാണ് ഖുറാനിലൊക്കെ വതക്കി തുകംബി അയ്യമില്ല എന്ന് പറഞ്ഞു നട്ട് ഓണ്ടല്ലോ മുത്താലി ഇസ്സലാമിനോട് അള്ളാഹുത്താലാം പറതക്കി തുകംബി അയ്യാമില്ല അയ്യാമെന്ന് പറഞ്ഞ ദിവസം എന്നല്ല അർത്ഥം താറ്റിൻ രഹരികാരോടും മാറ്റ്യത്തിന്റെ കലോടം അന്നാമത്താൽ എപ്രകാരമാണ് കൈകാര്യം ചെയ്ത രീതികളുടെ ചരിത്ര അത് പാടയ്ക്ക് ഇന്നത് ചെയ്തപ്പോൾ ഇന്ന് സംഭവിച്ചു ഓരോ ഉൾക്കൊണ്ട സംഭവങ്ങൾ അതിനെപ്പറ്റി അയാൾക്ക് വരുവർത്തമൊന്നും ഉണ്ടാവില്ല അമ്പ്രോജ്ഞാര ഹലാൽ എന്താണ് ഹറാം എന്താണെന്ന് പത്ത് കൊടുക്കുന്ന ആരും നിങ്ങളെടുക്കും വഹാദൽ നിന്മല യോധിത്തിൽ ഹസിയ ഈ എലുമ്പ് കൊണ്ട് ഹസിയത്തുണ്ടാവില്ല ഇനി രണ്ടാമത്തത് വഹാനിമം ബില്ലാഹി ത ആരാ അന്നാണെ കൊണ്ട് നല്ലോണം അറിയും ലാബി അമ്പില്ലായ് ഒരാബി അയ്യാമില്ലാഹിത്താല ആ മറ്റേ രണ്ടും അറിയില്ല വേറെ ആരാഹം റമോമല്ല ഊമിനിയാണ് അന്നാമുണ്ട് ധാപനുണ്ട് വെസ്സനുണ്ട് ഏ എന്നുള്ളവരറിവു ഇനി വഹാനിമം ബില്ലാനിറ്റാലാവി അമില്ല താലാവി അയ്യാമില്ലാഹിത്താല മൂന്നും കൂടി അറിയുന്നാളുണ്ട് ആരാ വഹുമൊ സിയെ പോലാണ് വൻ ഹസിയോ വൻ ഹൊ ഇന്ന മാതി ബാലും ഹസിയത്തും ഹൊസവും രണ്ടും ഹസിയത്ത് കൽപുനായിരിക്കും ഹൊസവും കൽബണന്റെ അസ്തു പക്ഷാണിന്റെ അംഗങ്ങളിൽ പ്രകടമാകുമല്ലോ അത് അവരിലേ കാലിഭാഗമുള്ളൂ ഈ മൂന്ന് കുട്ടികൾ മൂന്ന് വിഷയങ്ങൾ കുട്ടികൾക്കില്ലേ അതാ വാറാകവി അയ്യാമില്ല എങ്കിൽ അച്ഛനല്ല പറയുന്നത് വാറാകവി അയ്യാമില്ലാഹി അത് ഈ നമ്മളിമാ പറയുന്നുള്ളൂ ായും നിർദ്ദേശിക്കേണ്ടി അള്ളാഹുവിന്റെ വക്കൂബാത്തുകൾ എങ്ങനത്തെ വക്കൂബാത്ത് വറ്റ നോട്ടത്തിൽ ഒക്കൂബത്താണ് കണ്ടിട്ടുണ്ടാവില്ലേ പക്ഷ വക്കൂബത്തിൽ ഇത് ശിക്ഷിക്കപ്പെടുന്നുണ്ടാവും കാറ്റും ഇടിയും തീയല്ലാവർക്കും ഇത് ശിക്ഷയാണെങ്കിൽ ശിക്ഷയാണെന്ന് ലക്ഷ്യമായിട്ട് തിരിച്ചല്ലോ ചിലരങ്ങനെയല്ല കഥാപത്തിൽ കൽബ് കൊണ്ടും ഹെമ്പദ്ദുന്യാ കൊണ്ടും മറ്റൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഓരോ ബാറ്റിങ്ങിന് വെറുതെ തീരെ ടൈം എന്താകല് ദുന്യാൽ പൊണ്ടുപിടിച്ചു പോക്ക് ഫുട്ബോൾ ചെലവഴി പോക്ക് കഥാപത്തൽ കൽബുണ്ടാകുക ശരിക്കും വന്ന കാമത്തായ ഒക്കെ പത്താന്നു പുറം നോക്കുകയാണെങ്കിൽ അയാൾ നല്ല കൊസിയിലായിരിക്കും അയാൾക്ക് നല്ല സന്തോഷമാണ് ഒന്നും പേടിക്കാനില്ല എന്നാണ് പറയുക പക്ഷേ അയാളെ കഥാപത്തിൽ കൽപ്പാതവിടെ അനുഭവപ്പെടുന്നു അത് ഏറ്റവും വലിച്ചമില്ല അതുപോലെ ബാത്തിനായ നിയമം നിയമത്തുകൾ ബാത്തിനായ നിയമത്തിൽപ്പെട്ടാണ് ഇരുന്ന് പഠിക്കാനുള്ള അരുവലും പുറത്ത് പുറത്ത് നോക്കിയാൽ അയാൾക്ക് കോടീശ്വരനോ കൊട്ടാരക്കാരനോ കമ്പനിക്കാരനോ വലിയ ആളൊന്നും വലിക്കൂല പക്ഷെ ബാത്തിന് ആ നിയമത്തെ നാത്ത അയാൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട് കൈകാലുകൾക്ക് നല്ല അഫീസുണ്ട് കണ്ണും തനിയുമുണ്ട് ഗ്രഹണശക്തിയുണ്ട് സംസാരവൈഭവുണ്ട് യാതൊരു അരിഭം പോരായ്മയും ഇല്ല അതോടൊപ്പം തന്നെ അതിൽ ഉപയോഗിച്ചാൽ എന്താ ും പഠിക്കാനും ചെല്ലാനും ഓ എല്ലാം ഉണ്ട് അതൊന്നും വിവത്തിലുണ്ടാവില്ല അപ്പൊ രണ്ട് ചിക്കുമ്പത്തല്ല സ്വാമിദത്തായ കുടുംബത്തിൽണ്ടാവും ബാക്കി ഞാനിമ്പത്തിരുഭാഗത്തുണ്ടാവും അല്ലാത്ത അസാമഹാരൾ കുറവി സ്ഥാനി സത്യമല്ലാ പൂർവ്വകാലക്കാർക്കും കൊടുത്തിട്ടുണ്ട് ശേഷക്കാർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വേണ്ടതുവരെ ഉപയോഗപ്പെടുത്താൻ ഞാൻ മനസ്സുണ്ടെന്ന് വിചാരില്ല മനസ്സ് ഇത്തരം കാര്യങ്ങൾ ചിലവാക്കപ്പെടില്ല അപ്പൊ കഠിനമായ ഒപ്പം ത്തിലാണത് നിൽക്കുന്നത് തീരെ ഇല്ലാഴ്ച പോയി ഓനോ ഓനാലത് മഴതൂറാണ് ആ പാപം പള്ളി തന്നിരുന്ന താമസത്തിനും ഒരു മിനിറ്റ് എത്തുകാ പിന്നെ ഒരു കിട്ടത്താണില്ല നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലം പള്ളിയിലുണ്ടാവും സജീവമായി ദറു പറഞ്ഞിട്ട് വലിയ വലിയ വലിയ വലിയ ആളുകൾ പോകുന്നു ഒരൊറ്റ ചതുക്കിന് ഒരു ദിവസം പങ്കെടുത്ത മലയാളക്കാൻ പറഞ്ഞുണ്ട പള്ളിയിൽ പറയട്ടെ ചില ഒട്ടലുണ്ട് ചില പണ്ടാഗികളുണ്ട് എല്ലാം ഒരു ചോരി തുണി കൊടുത്തിട്ട് അയാൾക്ക് തുണങ്ങി പാടാനോ വരിക കുളിക്കാൻ വരെ സമയം ഉണ്ടാവില്ല ആരുണ്ടാക്കിയ ഭക്ഷണമൊന്നും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതെല്ലാം വന്നാണ് വന്നാണ് മേടിച്ചിട്ട് പോയി പൊട്ടുന്ന വരുന്ന ലാസ്റ്റ് പൈപ്പല്ല നമ്മൾ പരിശീലിക്കലുണ്ടാവും നന്ന പൈക്കുമ്പോൾ പട്ടിക്കാട് വാപ്പാജില്ല കാലത്ത് എന്തൊരു മമ്മിക്കാ ജീവിതത്തിൽ പൈസയായിട്ടില്ലല്ല നാൽപ്പത്താറും വല്ല ഇല്ലേ ഇപ്പൊ അത് ജീവിപ്പുണ്ടാക്ക കാലത്ത് ഉള്ള ആളാണ് അയാൾ ഇന്നും പൈസയിട്ടില്ല ഞാൻ അടിച്ചുപാലും പിന്നെ കാലിലെട്ടലും പിടിക്കുന്നതൊക്കെയാണ് അപ്പൊ ഈ പഠിക്കാൻ പറഞ്ഞ കുട്ടികൾക്കെല്ലാം പരമാവധി നാവും മണുക്കും തണിയെല്ലാം ഒക്കെ ഉണ്ടല്ല അപ്പൊ അത് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സില്ല എന്ന് പറഞ്ഞ അള്ളാഹനക്ക് കഠിനമായ ശിക്ഷ കൊടുക്കുന്ന തന്നെ പറ്റ പിന്തിരിച്ചു ഇരസൽ കമർ ഹിന്ദിച്ചാര വമൻ അഹസ ഇൽമുഹു മിദാലിക അവമ ഖവഹു ദഹറ ഹസുവു വഅബ്തനല്ലൻ ജിന്തർത നകമ്പുണ്ടാവും അറിയോ അങ്ങേ പേടിയും ഖൗഫുകൊണ്ട് വന്നോളും പറഞ്ഞു അതെൻ വഖാല ഉമറു റളിയല്ലാഹു തഅല്ലമുൽ ഇൽമ വതഅല്ലമുൽ ഇൽമി തസീനത വൽ വഖാര വൽ ഹിൽമ നിങ്ങൾ ഇ Ilmu പഠിക്കണം ഇൽമിന് വേണ്ടിയിട്ടുണ്ടാക്കണം തക്കീനത്തിനെയും വക്കാന്നെയും ഷിൽമിനെയും വേറിയും പഠിക്കണം എല്ലാ ഇൽമും കൊണ്ടുണ്ടാവില്ല ഉപയോഗത്തിന് തങ്കില്ല വസവാദോ നിമം തകാല മൂലമെന്തു നിങ്ങൾ ആരവക്കൽ നിന്നാണോ പഠിക്കുന്നത് ആ അധ്യാപകന്മാരുണ്ടല്ലോ അവിടെയും നിങ്ങൾ തവാദകൾ കാട്ടണം വ്യസവാതകലക്കും മസല്ല മിക്കും നിങ്ങളിൽ നിന്ന് ആരാണോ പഠിക്കുന്നത് അവർ നിങ്ങൾക്കും തവാതുക കാട്ടെ നിങ്ങൾ നിങ്ങൾ ഉസ്താദം പറഞ്ഞ നിങ്ങളെ വക്കെന്ന് വേറാണ് നിങ്ങൾ ഓറോ നിങ്ങൾക്കും തവാതുക കാട്ടെ അപ്പൊ തവാദിങ്ങനെ ഉത്തരത്തിലെ സമാധാനവും ഇമം തസഹല്ല മൂലമിന്നു നിങ്ങൾ ആരുടെ നിന്നാണോ പഠിക്കുന്നു ഓർക്കുവേണ്ടി നിങ്ങൾ തവാതുക നിങ്ങളെ വക്കെന്ന് വേറാണ് ഓർ നിങ്ങൾക്കും കാട്ടെ അപ്പൊ നിങ്ങൾ തമാധ കൊടുക്കുന്ന ആളും വനാ തക്കോളും ജവാറത്തിൽ ഉലമാക്കന്മാറണ്ട് ചില പോക്കിരികൾ ആ കൊണ്ട് നിങ്ങൾ ആകുമ്പാടില്ലെന്നാ അപ്പൊ എൽമുക്കും വിജയം അപ്പൊ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ജഹുരും നിങ്ങൾക്ക് നെങ്കപ്പെട്ട എൽമുണ്ടല്ല ആ രണ്ടും കൂടെ തൂക്കൊക്കൂലെന്നാണ് ഒരു ഭാഗത്ത് ജഹലിന്റെ പ്രവർത്തനം മറ്റൊരു ഭാഗത്ത് ഇരുമു ഈ ജഹലും കൂടെ തൂക്കൊക്കൂല ജഹൽ കൂടിയിട്ടുണ്ടായിരുന്നു അതാ ജവാറത്തിൽ ويقال ما آتا الله عبدا علم من الا عطاهم هذا العلم وثواب ان وحده خلقكم ورزقكم فذلك هو المنافق الله سبحانه وتعالى ஒரு மனுஷனுக்கு என்ன கொடுத்து ilmu கொடுத்தா ആ கூட்டத்தில் ilmu கொடுத்து தவாது கொடுத்து சத்துருல் குலுக்கும் ilmuனா சமா சஹன சத்தின்னு അറിയാം അതുപോലെ തന്നെ ഹസറുൽ ഖുലുക്കും ഇഫ്കും ഇതെല്ലാം കൂടെ കൊടുത്താൽ പതാരിക്കും ഇൽമുൻ നാഫിയോ എന്ന് പറഞ്ഞില്ല ആ കൊടുക്കപ്പെട്ട ഇൽമിനാണ് ഇൽമുൻ നാഫിയും മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ബറു ഇൽമുട്ട ഇൽമുൻ നാഫി എന്ന് പറയാനായിട്ടില്ല അത് നഷ്ട ചെയ്യാൻ ആവശ്യമായ മറ്റുള്ള കാര്യം കൊടുക്കണമല്ലോ വഫിൽ നസറിൽ ഉണ്ട് മൻ ആൽമൻ തവാദു അൻസുന കൊടുക്കൻ ഇമാമുൽ മുത്തക്കീൻ ഇൽമും ഉണ്ട് ദുഹുണ്ട് തവാദുണ്ട് കൊടുക്കുണ്ട് എന്ന മുത്തങ്ങൾ ഇമാമ അൽ മുത്തക്കീന ഇമാരുന്നില്ലേ ജഗന്നാലിൻ മുത്തക്കിമാമിന്റെ പള്ളിമത്തിൽ പണിയിട്ടുള്ള ഇതിന്റെ വേലിൻ ഉമ്മത്തിൻമത്തില്ല എന്റെ ഉമ്മത്തിമാരെ കൂട്ടത്തിൽ ഹായ കൂട്ടരാരാന്നറിയോ ഒരു കൗമ അവര് ലാഹിരൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും അന്നാന്റെ വിശാലമായ റഹമത് കൊണ്ടിട്ട് അതേ അവസരത്തിൽ ഓർ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അദാമിനെ കുറിച്ചിട്ട് അപ്പൊ പുറത്തൊരു വാഹന ഒരു തിരിയുണ്ടാവും ഉള്ളിലോ ഹൗസ് വഹിച്ചു അവദാനവും കില്ലറിവ കുലോപവും പിസ്തമാർ അവരുടെ ശരീരം ഭൂമിയിൽ ഉണ്ടെങ്കിലും കൽബ ആകാശത്തിലാണ് അറുവാഹവും പിതുഞ്ഞ വകോലവും അറുവാഹ കുഞ്ഞാവിലാണെങ്കിൽ അക്കലയുടെ ഉള്ളത് ആസരത്തിലാണ് എത്തമശോ നബി സക്കീന സക്കീനത്തോടുകൂടിയാണ് അവർ നടക്കുന്നത് വസീല അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാവശ്യമായ എന്തെല്ലാം വസായിലുണ്ടോ ആ വസീല കൊണ്ടെല്ലാം അള്ളാനേക്കുള്ള സപ്പിക്കണം ഇന്നലെ ചെയ്താൽ അള്ളാവിന്റെ അടുക്കാൻ കിട്ടുന്ന ഒരു വസീല് ആ വസീൽ അപ്പം തന്നെ കൊണ്ട് ഉപയോഗിക്കൂട്ടു അള്ളഹാനെക്കുള്ള അടുപ്പിക്കുന്ന കാര്യങ്ങൾ വസീല അമ്മ പറഞ്ഞാൽ എന്തെന്തിലേക്കാണ് എത്തിക്കുന്നത് എല്ലാം വസീലയാണ് അമ്മാലിയേക്ക് അടുക്കണം എന്നാൽ കണക്കൊന്നുമില്ല അതുകൊണ്ടാണ് അബദ്ധ ഇലഹിയിൽ വസീലോ തരാൻ കാരണം അല്ലാതെ കൊണ്ടെടുക്കുന്ന വസീൽ അധികരിക്കണമെന്ന് ഇലഹി കൈകൊട്ടുന്നതിന്റെ വസീൽ അമ്മ നല്ല അൽ ഹസനോ ഹസൻ തമിയാഹുന്ന് പറയുന്നു അൽ ഹിൽമു വസീർ ഉൽ ഇൽമി ഇൽമിന്റെ മന്ത്രിയാണ് അബു ഹിസ്കാണ് ഇൽമിന്റെ ബാപ്പ ചെറുബാലുഹോ വിനയം എന്നുള്ളത് അതിന്റെ വസ്ത്രവുമാണ് അപ്പൊ ഇൽമെന്ന സാധനത്തിന് ഒരു മന്ത്രിയുണ്ട് ഒരു ഉപ്പുണ്ട് ഒരു വസ്ത്രവും ഇതെല്ലാം കൂടെ അറിയണം വക്കാല ബിറബിലി റബിയെന്ന് പറയുന്നു മം തലബരിയാക്കത്തം കൂത്തും ഇവല്ലാറുണ്ട് ഇൽമ പഠിക്കലുകൊണ്ട് ഒരു റയിസാ വലിയ വലിയ നേതാവെന്ന് ലക്ഷ്യം എല്ലാത്തിനും നേതൃത്വം ഏയ് ഇരുമിന്റെ ആല വലിയ ആളാകലുണ്ടല്ല എന്നാൽ അള്ളാഹു താരെ കോപിക്കുന്ന അവന്റെ ദേഷ്യം പിടിച്ചൊരു കാര്യം കൊണ്ടുണ്ടാക്കി അള്ളാഹനെ കൊള്ള തക്കറുപായാണി ദേഷ്യം പിടിക്കുന്ന കാര്യം എടുത്തിട്ട് തക്ക തുടർ മീഡിയം വിളിച്ചിട്ട് സൈഡ് വന്നാൽ മതി കക്ക തുഭാഗം വന്നിട്ട് രണ്ടാ പറഞ്ഞ് മീഡിയ ആ കണ്ടിക്കപ്പുറത്തേക്ക് പോകുന്നു ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യം തക്കവഭാഗം വന്നാൽ കേസിലല്ല Anyway, ും ഇന്ന് മംകോത്തും ബിസമായി വല്ലാതിൽ ഓടിക്കപ്പെട്ടവൻ അവനാണ് വയർവാസിൽ ഇസ്രായേലിയാത്തിൽ ഉണ്ട് അന്ന ഹക്കീമൻ മുസന്നഫം ബിൽ ഒരു ഹക്കീമുണ്ട് മുന്നൂറ്റി അറുപത് കിതാബ് ഉണ്ടാക്കി ഹിക്കിമത്തിൽ അങ്ങനെ ഹത്തീം അൽ ഹക്കീം എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത് അത്ര കിതാബ് ഉണ്ടാക്കി നബീഹിം ആ കാലത്തുള്ള നബീനെ അള്ളാ അറിയിച്ചതെന്ന് പറഞ്ഞു സുലാനിൻ്റെ അല്ലിം ജി അത് മലകത്തല്ലാവുള്ള നിസാക്കം ഹോമി നിർത്തും നീ നിസാക്കിട്ടുണ്ടെന്ന് പറഞ്ഞു വനം തറുദ്ധിനി നിന്ദിക്കിസൈൻ ഈ പറയപ്പെട്ട മുന്നൂറ്ററുപത് കിതാബിൽപ്പെട്ട ഒന്നുകൊണ്ടും നീ എന്തൊക്കെ ഇല്ല എന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കാരണം ഞാനൊന്നും സ്വീകരിക്കാൻ കഴിയാറില്ല പരതിമർ റജുരു അയാൾക്ക് വലിയ ഖേദമായി അങ്ങനെ ആ പണി വേണ്ട നിഹാല പൊതുജനങ്ങളുമായി അടപഴകി അക്വാക്കലൊക്കെ നടക്കാനും തുടങ്ങി പിന്നെ ബണുവിശ്രാജ് പെട്ട ആളുകളോടെല്ലാം ഒന്നിച്ചിൽ നിൽത്തി ഒന്നിച്ച് ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങി അയാളെ തവാദെ പ്രകടമാക്കിയപ്പോൾ അപ്പഴെന്താക്കിയത്വരണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ ഇന്ന് മുതൽ അങ്ങോട്ടെന്തായറിയോ എന്റെ തിരുപ്പതിക്ക് നീ തോന്നി കിട്ടപ്പെട്ടവനായി നീ പറഞ്ഞു അവൻ്റെ എവിടെ കിട്ടാനുണ്ടാക്കലെന്നയുടെ ആവശ്യമോ ഈ പറഞ്ഞവ കാര്യം ഒട്ടുകിട്ടണം വഹക്കൽ ഔസായിരുന്നു ബിലാലിബിന് സാരി തങ്ങളത്തോട്ട് തന്നെ കാണിഞ്ഞപ്പോൾ എന്നുറു അഹ് വില തുറസി നിങ്ങൾപ്പെട്ട ചിലർ പോലീസുകാരനെ കണ്ടാൽ എന്താക്കി ബില്ലാഹി പഠിച്ചെ വളരെ പെടല്ലേ നിങ്ങൾ നാടോട് കാബല്യ തേടുന്നു അല്ലേ വയന്നുറുദ്ദ ഇലവലി ദൽ മുൻകി പടപ്പുകൾക്ക് വേണ്ടി കോരം കട്ടി നടക്കുന്ന ദുഞ്ഞാമുലാമാണുണ്ട് ആ മുയിലാക്കന്മാരൊക്കെ ഉള്ള എന്തുകൊണ്ടാണ് എന്നാണ് കാവനത്തേടാത്തത് പോലീസിനെ കാണുമ്പോൾ നിൽക്കെന്താ ഒരു പേടിയോ ഒരു കാവനത്തേടലും എന്നാൽ ഇവരുടെ കൂട്ടത്തില് അമ്മായി പോലാന്ന് എന്തുകൊണ്ട് കാവല തേടിക്കൂടാം അതിൽ മുത്തശ്ശഫി സീനെ ഇനതിയാസത്തെ നേതൃത്വത്തിനെ ആറ്റി കൊതിമ്പിച്ച് നടക്കുന്ന കൂട്ടർ ഇവർക്ക് ലക്ഷ്യം എന്നാൽ വഹുവും അഹക്കും നക്സിംഗ് താലിക്ക് തുറത്തി നിങ്ങൾ പോലീസുകാരനോട് കോപം ഇല്ല നവിനാക്കാണ് വെച്ചു പിടിക്കേണ്ട ഇവരോടാണ് ോ കീര ഞാർ അസുഖം തള്ളുന്നാറ് അനീവസനം അയ്യുലി അഫബലൂ എന്ന് ചോദിച്ചപ്പോൾ കാൾ മഹാനീ കറാമാക്കപ്പെട്ട കാര്യങ്ങളെ വർദ്ധിക്കുക വനായതാരു പൂക്ക് റസുബം ഇന്ത്യയ്ക്കിരില്ലാഹി താര നിന്റെ നാബ് ബാപ്പൂന്ന് പറഞ്ഞ വായ അത് അന്നെ ദിക്കതുകൊണ്ട് അപ്പം പച്ചപിടിച്ചതാകുക ഇതാണ് അയ്യുമാലി അഫബലു ഹൈറോൺ എന്ന് ചോദിക്കും കൂട്ടുകാരൻ ഇവിടെ സംബന്ധിച്ചാൽ ലമിതങ്ങൾ അദ്ധായി മാറുന്നല്ല ചങ്ങമാരെ കൂട്ടത്തിൽ ആരാ കയറുകൾ പറഞ്ഞു നീ രക്തചെല്ലുകയാണെങ്കിൽ നിന്റെ കൂടെ സഹായിക്കുമല്ലോ ഞാൻ ഇന്നത്തെ കൂടെ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ട് സഹായിക്കും നീ അന്നാലെ മറന്നിട്ടിരിക്കുകയാണെങ്കിൽ അന്നാലെപ്പറ്റി ഓന് ഓർമ്മിപ്പിക്കും ഇന്നൊരു പ്രതികരണമില്ല എന്ന് പറഞ്ഞു നല്ല രംഗ ചോദിച്ചപ്പോ കാലത്തുന്ന ആദി തന്നെ നീ മറക്കുന്ന വകത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യില്ല വൈന്ദിക്ക നീ ദക്കർ ചെല്ലുകയാണെങ്കിൽ ഒന്നിനെ സഹായിക്കുകയും ചിന്തിയും ചെയ്യില്ല പിന്നെ അലമൂ ചോദിച്ചു ആശബ്ദമില്ലായ ഹസിയൻ നന്നാന്റെ കാലത്തിലേറ്റ് ഹസിയത്തുള്ള ആളാരാണോ അവനാണ് അലമുന്നാസി ാൻ ഉചാരിച്ചും നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൈതായ ആളെ തങ്ങൾ പറഞ്ഞത് കാരണം നമ്മൾക്ക് അവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കലാണ് ആന കണ്ണുള്ള നല്ലത് ഇന ഓ ദുഖിറല്ല വളരെ കാണപ്പെട്ടാൽ അള്ളാനെ ഓർമ്മ വരും അങ്ങനത്തെ ആളെ തേടിപ്പിടിച്ചത് എന്നാളെന്ന് പറയണ്ട വളരെ കണ്ടാൽ ഇവർ അള്ളാന്റെ ആളാന്ന് ഉണ്ടാക്കുക അള്ളാനെപ്പറ്റി ഓർമ്മയും ാസിർ എന്ന് ചോദിച്ചു പറ്റിയില്ല അള്ളാഹുറ ഉടച്ചോ ഞാനിതിന്റെ മാഫിനെ ചോദിക്കുന്നു കാലോ അസഭരുന്നായ ആ റസ്സൂർ എന്താ അള്ളാഹ് ആളെ പറഞ്ഞതെന്നോണ്ടെ പിന്നെ ഓർക്ക് അത് കാല ലാസ്റ്റ് പറഞ്ഞ് അവസാനം പറയാൻ തങ്ങൾക്കൊരു ഒരു മടി പ്രകടിപ്പിച്ച പോലെ يا لهذا نے حق絀 نوم قمار بحثت اي كام Tawd Breaking صave والذ manger وقال صلى الله عليه وسلم ان اكثر الناس امانا يوم القيامة اكثرهم فكرا في الدنيا وقان صلى الله عليه وسلم ان اكثر الناس امانا يوم القيامة اكثرهم فكرا في الدنيا ഭക്തറുല്ലാത്തി നഹക്കം ചുതും ബുക്കാഹം ഫിദ്ധില്ല വസദ് അഹും സിദ്ധില്ല തിയാമെന്നാണില് അമാണിനാൻ ഏറ്റവും അധികരിച്ച ആരാണെന്ന് പറയുന്നു ദുഞ്ഞാവിൽ ഏറ്റവും ഫിക്ർ കൂടിയ ആൾ ആരാണോ അവർ ദുഞ്ഞാവിന്റെ കാര്യത്തിൽ ഫിക്ർ എന്നല്ലാ പറയുന്നു ദുഞ്ഞാവിൽ ആകുമ്പോൾ ഫിക്കറുണ്ടാണോ അല്ലെ ദുഞ്ഞാവിന്റെ വിഷയത്തെ നിലവോണം ഫിക്ർ ചെയ്തിട്ട് തിയാമെന്നാണ് നിലവണ് അമാൻ കിട്ടാനും ഇവൻ ദുഞ്ഞാവിനല്ലേ ഉണ്ടായിരപ്പ ഈ ദുന്യാവരാകുന്ന കാലത്ത് ഓരായി ചിത്രർ കൂടിയ ആളായും അത്രത്തിലെല്ലാം പിന്നെ പരലോകത്ത് ആരാന്ന് കൂടുന്ന ഹെക്ക് അക്കുത്തറവും ബുക്കാം പിന്തുഞ്ഞ ദുന്യാവിൽ വെച്ച് ഏറ്റവും കരഞ്ഞാളാരാണോ അവരാണ് ആഹ്ലത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആളാരാണ് ഏറ്റവും ദുഃഖം കൂടിയ ആളാരാണോ അവരാണ് വിഷയത്തിൽ നിന്നല്ല ദുഞ്ഞാവിൽ താമസിക്കുന്ന കാലത്ത് മക്കാല അനിയും പയ്യന്നെ പറയുന്നത് ഈ സ്വതപത്തില്ല ഹോ നിങ്ങളുടെ പിന്നെങ്കിലും ഇങ്ങോളം പുട്ടിട്ടില്ല പിന്നെ കന്യമുണന്റെ പൊസിഷനെ പറയുന്നത് അവസാനം ചെയ്തേക്കാണ് ഭയങ്കര അനിയും അലർജി പ്രകടിപ്പിക്കുന്നതൊക്കെയാണ് അത് കഴിയുമ്പോ അത് പറയും അത് ജില്ലെന്നൊക്കെ അതപ്പം നമ്മുടെ ജില്ലെന്നാളായാ പറയുന്നത് അവൻ രണ്ടേ പേർക്ക് കക്കോസ് വെച്ച് നിൽക്കുക വെച്ച് നിൽക്കുന്നതിന്റെ അയനന്റെ അനിമൂലന്റെ അയനിലാണ് അയിനും അതിനോക്കിട്ടാവില്ല അതിന്റെ ഒന്നും ഫലം കാണാനില്ല ആ കിമ്പത്തിൽ അവൻ തിരിന്നു ആ അതിന് വിട്ടു ഒന്നും തിരികില്ലെന്നും പറഞ്ഞോളത്തു ശരിക്കും ആ സാധനം എന്ന് പറഞ്ഞാൽ ബഹുമീയായ വജൂതിൽപ്പെട്ട സാധനം നിങ്ങൾ ഞാൻ പണ്ട് നിങ്ങൾ സുഫൈന്റെ അന്ന് സുഫൈൻ്റെ വന്നു സുഫേന്റെ കല്ലുകൾ അവർക്ക് പോകുമ്പോ ആ സുഫൈനോട് ഞാൻ പറഞ്ഞു വജൂദ് എന്തെല്ലാം ഉണ്ട് ഹിസ്റ്റിയായ വജൂദ്ണ്ട് ഹക്കൈക്കൈയായ വജൂദ്ണ്ട് ഹിസിയായ വജൂദ്ണ്ട് ചിലപ്പോ ഹക്കൈക്കയും ഹിസ്റ്റിയും ഒത്തൊന്നും വരാം ചിലപ്പോ ഹിസ് മാത്രണ്ടാവൂല ഉം അയാലിയായ വജൂദ്ണ്ട് ഗൃഹിനിയായ വജൂതുണ്ട് ഏറ്റുബാരിയായ വജൂതുണ്ട് ഏറ്റുമാരി എന്ന് പറയുമ്പോ തന്നെ ഈ ഉണ്ട് റഫീയുണ്ട് ഉണ്ട് കട്ടിയായ വജുദ്താണ് അള്ളാഹുദാലാന്റെ വജൂത് പക്ഷെ അത് ഹിസ്റ്റിയല്ല ഹിസ്റ്റി എന്ന് പറയുമ്പോ പഞ്ചതികളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അതിന് കിട്ടണ്ടേ അദ്ദേഹം ഭാരതീയായ ഹീജിയായ ബുദ്ധിമു എന്ന് പറയും ഹാരതീയം ഹിസീയമായ ചില ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോ ഹാപ്പീക്കത്ത് ഉണ്ടാവില്ല ഹാപ്പി കത്തൻ എന്ന് പറയണമെങ്കിൽ അതിന് അരി മുതൽ നിൽക്കണം ഇപ്പൊ ഈ ഫ്ലാസ്കോഡ് ഉണ്ട് എന്നുള്ള കാര്യം ഹിറ്റീയായ ഹാരികിയായ ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷെ ഹാപ്പി എന്ന് പറയാനൊക്കെയാണ് മര്യാദ മര്യാദ ബോറസ് കൊടുത്തപ്പോണ്ടായ കൂട്ടുന്നു തോന്നുന്നു ഹാസീയായ ബുദ്ധിമുട്ടുണ്ടാവും ഒമ്പത് ഒന്നും പത്ത് ആ പത്തും നിങ്ങൾക്കാനാണ് മനസ്സിലാക്കുന്നത് ഒമ്പത് എന്നതിവിടെ കാണൂലൊന്നും കുഞ്ഞിയും കൂട്ടി രണ്ട് കൂട്ടപ്പെട്ട രണ്ട് തെറുപ്പും കാണൂല ഉത്തര സമം എന്ന് പറഞ്ഞാൽ പത്തും എവിടെ ഉണ്ടാവില്ല കാർജീപണിയും കാണൂല അത് ഹരിയാണ് ആറിന് ഇരുപത്തിയഞ്ചിന് എന്താക്കി അഞ്ചുകൊണ്ട് ഹച്ചി ഇത്തരം അഞ്ചി അപ്പൊ ഇരുപത്തിയഞ്ചിവിടെ ഹച്ച ആരകമായ അഞ്ചവിടെ ഹരണപരമാകുന്ന അഞ്ചിവിടെ ഇതെന്റെ മുമ്പിലാണോ അല്ലേ ഞാനിങ്ങോട്ട് തിന്നോട്ടെ നീക്കിടക്കി എന്റെ പിന്നിലായി ഇപ്പിതെന്റെ വലഭാഗത്താണെന്ന് ഞാനിങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇടവാറിയ വെറും എത്തി ബാരിയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മക്കാൻ വാങ്ങുന്നില്ല വസ്തുന്നും വന്നില്ല എന്തെങ്കിലും ഒരു ബെഞ്ചു എന്ന അവസരത്തിൽ ഉണ്ടാവുന്നതാണ് അത് എത്തിബാരി എന്നത് മൊഹമിയായ നിരാട്ടന്മാർക്കെല്ലാം തോന്നുന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ എന്താ തോന്നുന്നത് അന്ന് അതും അതുകൊണ്ട് ഇനി കൂടെ പൂർണ്ണതായി തോന്നുന്നതൊക്കെ പറഞ്ഞ് ആലോചന ആച്ചിലുണ്ടല്ല വർമ്മിയായ ഒരു ജോലി കന്നിമൂല ജ്യോത്സന്മാരെ നിർമ്മിയായ ജോലി നാല് മൂല പോലെ പേര് കൊടുത്തുതന്നെ ഒരു ചതുരത്തിന് നാല് മൂല വരുമ്പോ നാല് മൂലപ്പെട്ട് മൂലന്റെ കാരത് ഞാൻ അമൃ ബക്കർന്ന വേരങ്കിൽ നെയ്തമൂല അത് വേരയിരം തൊട്ട് നെയ്തമൂല അമൃ മൂല ബക്കർമൂന കാലിംഗ് മൂലട്ടം ചെറിയ ഇതോ നിങ്ങൾ വള്ളം എടുത്തിട്ട് ദൈവം കാലം ഇങ്ങോട്ട് ഒതുണ്ടാക്കി അപ്പൊ നിങ്ങക്ക് തഹാറത്ത് ഉണ്ടെന്ന് പറയും എവിടെ തഹാറത്ത് അനിയത്തോടുകൂടി അത് അതിന്റെ തർക്കന്നെ വാദിച്ചിരിക്കുമ്പോഴോ എല്ലാം നാ ഈ എങ്ങനെ കൈ ഉണ്ടാവില്ല തഹാറത്ത് പറയപ്പെടില്ല നാലങ്ങവും കഴിയും ഷർക്കീ മാറി നിന്നങ്ങോട്ടാകുന്ന ഇങ്ങോട്ടെങ്കിലും ഛർജീപ്പ് എത്തിച്ചാൽ തഹർത്തുണ്ടാവില്ല അപ്പൊ ഇനി ടഹറത്ത് ഉണ്ട് എന്ത് തഹാറത്തിന്റെ മുതിക്കുന്നു ചിറ ഞാൻ എത്തി മാറ്റിയത് ആ ചെറൈന് പറയപ്പെട്ട നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ചെറിയ അത് എത്തി മാറി നടക്കൂല തന്നെ എന്താക്കിയോ എനിക്ക് ഒരുപണ്ണങ്ങളെ തൊട്ടു തൊട്ടപ്പോ തന്നെ തഹാറത്തെ പോയിരുന്നു നീ ഈ തഹർത്ത് എവിടെ പോയെന്ന് പറഞ്ഞത് അപ്പൊ അപ്പൊ ഇത്തരം കുറാഫികളാകുന്ന ഈ ഇസ്ലാഹുകാരുടെ നാമകരണം എന്ന് കസ്മീയത്തിൽ കവിഞ്ഞ് വേറൊന്നും ഇല്ല എന്തും തെളിക്കുന്ന നിങ്ങൾ എന്തായത് എന്തുകൊണ്ടാണ് എന്നാൽ തെളിച്ചുകൊണ്ടേ ഓരോ കടമയാണ് നിങ്ങൾ ഇസ്ലിം ഭാഗത്ത് എങ്ങനെയാണെന്ന് ഫീസിലെ കുമുലത്ത് എങ്ങനെ പോവുകയാണെന്ന് നമ്മൾ വാങ്ങുന്നതെങ്കിലാണ് എന്റെ കൊമ്പുലത്ത് ഈ രാശിക്ക് പേര് വന്നതെന്നെങ്ങനെയാണ് അറസ്തുങ്ങി നോക്കിയപ്പോ ഒരു നെല്ലിന്റെ കൊലപോലെ തോന്നുന്നു നഷ്ടത്തിന്റെ ഘടന മുന്തിന്റെ കൊലപോലെ തോന്നിയപ്പോ മുന്തിരിങ്ങ വേറിട്ട് ഒരു കട്ടിലാണൊക്കെ തോന്നിയപ്പോ കട്ടിലിന്ന് വേരിട്ട് ചില നക്ഷത്രങ്ങളുടെ ഘടന കണ്ടാല് ഒരു നെല്ലി കടലിനു പോലെ തോന്നി മറ്റേ മുക്സാന്ന് കണ്ടാല് ഒരൂവിന്റെ കിട്ടാവ് കത്തിൽ നെസിലാക്കിയപ്പോ മുത്തറിൽ ആലോചിക്കാൻ വയനാട് കിട്ടാവ് ഇനി പഠിക്കാനായിട്ട് ഞാൻ മേഖലട്ട് കിട്ടാൻ എത്തിച്ചതാണ് പ്രൊഫസറിന്റെ ആലോചി പ്രത്യേക പഠിച്ചാണെന്ന് തോന്നിയത് പിന്നെന്താന്ന് മീൻ കാത്തിൽ ചില്ലറ ഭാഗം ചെയ്യും അവിടെ താമല റായി നോക്കുന്നവരെ ഇങ്ങനെ ചിന്തിക്കട്ട് അത് ഏതിന്റെ കോര ഉണ്ട് ആ കുറുക്കന കുറുക്കനെ കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലോ ഇങ്ങനെ നോക്കുമ്പോ ഒരു പെയിൻ്റെ കോല ഉണ്ടല്ലോ ആന്ന് ആ പെയിൻ്റെ വരട്ടെന്ന് ഇങ്ങനെ അറസ്റ്റുകളൊക്കെ തോന്നിയാന്ന് പോലീത് ആ അവർ ആട്ടിന്റെ പോലെ ഉണ്ടപ്പോ ആംബുലൻസ് പേരിട്ട് ഒരു കാളിന്റെ പോലെ വന്നപ്പോ സൗറു പേരിട്ട് മേഡം എന്ന് പറഞ്ഞ ആട് സൗറന്ന് പറഞ്ഞാൽ കടമെന്ന് പറഞ്ഞാൽ ആരാണ് കാളാ സർക്കടവന്ന് പറഞ്ഞ എന്താ സാധനവും സർക്കാടത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് ഞണ്ടു ഞണ്ട് അതുകൊണ്ടാണ് അറങ്ങുവച്ച സർക്കാരിന്റെ പേര് വന്നത് വിശപ്പറ്റിനെ ബുക്ക് എടുത്ത് നോക്ക് കർക്കിടകം കടിച്ചാലും കാണാം നമുക്ക് പെട്ടെന്ന് ഈ മാസം കടിച്ചാലും നമ്മൾ കർക്കിടം എന്ന് പറഞ്ഞാൽ തേട് അക്കടം തേടുന്ന തേണ്ട സർത്താൻ അകത്തൊന്നും ഇപ്പൊ കാണാം സർത്താനാ അക്രബ് തേടാ അതെ അക്രബത് സർത്താൻ വേറെ വരുമോ അപ്പൊ ഒരു ഞെട്ടിന്റെ അതായത് തേളിന്റെ മാതിരി കോലം കണ്ണ അക്ഷത്തരത്തിന്റെ ഈ പുള്ളിക്കുത്തലും ഇങ്ങനെ ചെറുത്ത് വെച്ചേക്കുമ്പോൾ കർത്താൻ തന്നെ പേരിടുക കർത്താൻ നൂറ് പേരിട്ടപ്പറിയാം അല്ലെ അക്രമം ഒന്ന് പേരിട്ടതിന് ശേഷം അതിന്റെ സംസ്കൃതം കർക്കടം ഒന്നാണ് അപ്പൊ കർക്കിടം കടിച്ചാൽ തേള് കുത്തിയാൽ മരുന്ന് ഭർത്താം കർക്കടം വെച്ച മറ്റേ മാസമല്ല അപ്പൊ ഇപ്പൊ കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പോലെ തോന്നിയ നക്ഷത്രക്കൂട്ടമാകുന്ന ആ ഏറ്റുപാറയുടെ രാശിയിൽ സൂര്യൻ സഞ്ചരിച്ചിട്ട് അപ്പൊ സൂര്യന്റെ മഹലിന്റെ തൊട്ട് ഇബാറത്ത കർക്കട മാസം എന്ന് പറഞ്ഞാൽ ഉണ്ടേ വന്നിട്ടുണ്ടെന്ന് ഞാൻ വായന വ്യാസനം വെച്ചോക്ക് പഠിച്ചിട്ട് ഈ പറഞ്ഞു വയൽഖേരി ക്ഷ്യാമം എന്ന് പറഞ്ഞാൽ ഞാമം മാസം എന്നൊക്കെ പറഞ്ഞാൽ യാമം എന്നാണ് ഒന്നേ പൈ മാസം എന്ന് പറഞ്ഞ ഒന്നേ പൈ പന്ത്രണ്ട് പാറം എന്ന് പറഞ്ഞാൽ ഒന്നേ പൈ നാല് കത്തിപ്പുറത്തോർ വെച്ച് കണ്ടുമുട്ടത്തുമ്പോ ഞങ്ങൾക്ക് ഒരേ സമയം കളഞ്ഞോളാം ഇനി കാര്യപ്പെട്ട സാധന അറിയേണ്ട സാധനാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന്റെ കുറിപ്പാഗത്ത് കണ്ടപ്പോ മൂപ്പര് ജൈമ കെട്ടിയവർ അറ്റകർ എന്തിനായി പൊതുവിലുണ്ട് നിനക്കിടുന്ന മിക്സിന്മാർ സമയം കളഞ്ഞു ആ ബുക്ക് രണ്ടാമതിയാണെങ്കിൽ തിരിച്ചു നോക്കിയിട്ടില്ല ഇക്കാലത്ത് ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്നിന് ശേഷം ആ ബുക്ക് രണ്ടാമതെങ്കിലും നോക്കിയിട്ടില്ല ആ ചാടിയാണ് ഇത് മനുഷ്യനർപ്പിക്കുന്ന ഏറ്റവും അതോ ഇന്നത് കീറി ചൊല്ലിയാല് ഒരു ജിന്ന് വരും ഏ മോതിക്ക് ഒരു മോതിരം തരും ആ മോചനം വാങ്ങിയിട്ട് അങ്ങ് ബെച്ച് കഴിഞ്ഞാലും ഇന്ത്യയിൽ പോപ്പുകാരനാകും എന്നിട്ട് എപ്പോ ആണോ നിനക്ക് പൈസക്ക് വേണമെന്ന് അന്നേരം എന്താക്കാണെങ്കിൽ മോചനം യോജിച്ച് കഴിഞ്ഞുകൊണ്ടിങ്ങനെ വെറുതെ ചൂട് പിടിപ്പിക്കണം ഈ മുപ്പുറം ജില്ലയിൽ അന്നേരം ജന്ന് അത്താ പൈസന്റെ കെട്ട് കൊടുത്തിരുന്നു ഇത്രയും പതായ ഞങ്ങൾ കിട്ടായി പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആ ജില്ലിന്റെ പേര് വിളിക്കാനും നോമ്പ് നോക്കാനും ഉറക്കം ചെയ്യാനും ലക്ഷങ്ങൾ ചെല്ലാനും മോനിക്കയാതൊരു മടില്ല പക്ഷെ ഇങ്ങനെ ഒന്നു എന്തോ ഇല്ലയോ എന്നുള്ളതിന് എന്താ തനതുള്ളത് ഏതെങ്കിലും ഒന്നിനു തരുതണ്ടോ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ഖബറിൽ ഇതൊരു ദിക്കറ എന്നുള്ളതിന് കരുതുന്നുണ്ടോ ഈ ദിക്കിറല്ലേ ഈ ജിന്നുകളം ആണതിന്റെ മുസമ്മകൾ എന്നുള്ളതിന് തരുത്തുണ്ടോ അഥവാ ആണെങ്കിൽ തന്നെ നിങ്ങൾ ചെല്ലുമ്പോഴേക്കും വരും എന്നതിന് കരുതണ്ടോ മോചനം തരൂന്നുള്ളതിന് കരുതോ മോതിര കേട്ടിട്ടായിരിക്കാൻ കോപൂണ് കരുതുണ്ടോ ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ അടച്ചിട്ട് ദിക്കിൾ ചെല്ലിക്കൊണ്ടിരുന്ന മോദനത്തിന് ചൂട് കുടിച്ചാൽ ജിന്നു തരുമെന്ന് വന്നിട്ട് കരുതുന്നുണ്ടോ ഒരു സ്ഥലതൊന്നും ഇല്ലാത്ത ഇഴം അങ്ങനെ തന്നെ എത്തിക്കാതെ ഏത് വിലക്കെട്ടില്ലേ നാപ്പത് നോമ്പ് നോക്കാനും ഹൽവത്തിൽ വെക്കാനും ഉറക്കം ചെയ്യാനും ഒരു മടിയില്ലല്ല അതേ സ്ഥലത്തിൽ ഇത്രയും അധ്വാനമില്ലാത്തത് മനസെല്ലാം അലയ തലാത്തം വാഹന സ്വന്തം വാങ്ങാൻ അലയും വിന അച്ചടാവുന്ന നൂറ് ധരിയ കൂടിയാണ് അതുകൊണ്ട് തവാത്തോണ്ട് ഹദ്ദത്തി അതുകൊണ്ട് അതിന്റെ മതമൂലെ ഇഞ്ചാറാക്കിയാ കുക്രി വരൂ എന്നാണ് മഹത് അത്രയും തമാത്തൊണ്ട് ഹാൻഡൽ ചെയ്തുകൊണ്ട് ചറകിൽ അറുപത്തൊണ്ട് അറിയപ്പെട്ട് നിഷേധിച്ചവരാകും അത് കുട്ടികൾ ചെയ്തു ഒരു കടാത്തിന് പത്ത് തവാബ് ഉണ്ട് മനസ്സിലാക്കും ഈ ഹരിയത്തിനെ സംബന്ധിച്ച കണ്ട് കൊണ്ടുപിടിക്കുന്നു പത്ത് കലാത്ത് വരുന്നു എവിടെ പോയി എന്തെങ്കിലും അവസ്ഥ കജിമത്താന് ഹസീഫത്താന അലിഹിസാനി സഹീലത്താനി ഫുൽമിസാനി ഹബീബത്താനി നുബമാൻ ജബാന ഈ കലാമി വിശ്വാസം ഇല്ല സ്ഥലത്തില്ലാത്തതിന് വിശ്വസിക്കാന്നും അസാദുക്കുൽ മസ്തൂപ്പായ ആയിരക്കണക്കിന് ആയർത്തും മൈനകത്ത് കൊണ്ട് തിരുക്ക് തെളിയിക്കപ്പെട്ട ശത്രുപക്ഷം പോലും സാദിക്കുൽ നമീനാണെന്ന് പറഞ്ഞ് നബീസല്ലിസന്നാണ് കലാമിന് ഇന്ന് ചെറുക്കു കൊടുക്കാൻ മനുഷ്യന്റെ കണ്ടല്ലെങ്കിൽ എന്താണെങ്കിൽ പോക്കണ്ടെന്ന് പറഞ്ഞു മറ്റു യോദം ചിലവാക്കാൻ മടിയില്ല പൈസ ചെലവാക്കാൻ മടിയില്ല അധ്വാനിക്കാൻ മടിയില്ല ഏ ഉറക്കിയ മടിയില്ല ഒന്നുമില്ല കാണിച്ച മഹുമിയാത്തിന്റെ ഒഴിച്ച് അത് ഹക്കിക്കത്തുണ്ട് തക്കുതീറത്താ നോക്കാം എന്നാൽ തന്നെ എത്രയാണ് കൊച്ച ഓഫാക്കുന്നവരെ ഒരു ലഹരിയായിരിക്കും ചെറുപ്പത്തിനുള്ള ഉണ്ട് എല്ലാം സമ്മതിച്ചോട്ട് планируем имана кадаам онند اند کچھ اور پفال اند او نوکنا ایک چھٹ چھرا نو کان سمے کو چھوتے وقالا علی ان ربی اللہ الضی فطبۃ لہ لیمتی رھینتھن وانا بینی زعی ما انا بہن واچھنڈے وانا بینی زعی ہم انه لا یحیج علتقوا زر قاومی الا برم ولای یمرو علی الھدا سنف عقل وإن أجعل الناس من لا يعرف قدره وإن بغل الخلق إلى الله تعالى رجلا قمت علما أغار به في أغباط الفتنة سمى أشباه له من الناس وعراض لهم أعالما ولم يعيش في العلم يوما صالما كتكثر وستكثر فما قل منه وكفى خير مما كثر وعلها حتى إذا ارتبى من ماء الناد وأكثر من غير قائر جلس للناس معلما لتلخيط تخليط ما التبث على غيره فإن نظرت بهذا المهمات هيع لها من رئيه حسوى الرئي فهو وإن قطعت صبهات في مثل نسل لجب لا يدري أخطاء أخطأ أم أطابة لكل جوحاناتن حباثن رسواثن لا يعتبر مما لا يعلم فصنما ولا ولم ولم لا يعلم لا يقول يا مرمر اني برنياني ولا يحل اد ياك بوليتوكر ولا يحل للذي يرزق قاتين فجنمما تبتيم النذيمات تتقهل بالقلايل فروض فروض حرام <تصفيق> نعم وله والله الذي استقام ورضى عليه ان وله واهل اللي ما فضل اليه اولئك الذين انتقالهم المصيلات وحققت عليهم النياهات وان بقوا ايام حيات الدنيا اولئك وفرقطب البندهoverlineya ke subhanallahu qutbiyan par aur anuod ne ke bolya amne the bolne dikla കിള്ളറ ചില്ലറ നോക്കെ വെച്ചിട്ടുണ്ട് കൂട്ടാത്ത എന്തെങ്കിലും തട്ടിമോളിച്ചാലാ തട്ടി മോളിക്കതിനെ പറ്റി ഞാൻ ഓർഡി പറയുന്ന നിമ്മത്തെയും റഹീനത്തും മാനവിനീഇ എന്റെ നിമ്മത്തെ പണിയമക്കപ്പെട്ടതാന്ന് പറഞ്ഞു ഞാൻ അതിന് ഉത്തരവാദിയെന്നും പറഞ്ഞു എന്നിട്ട് അന്ന് കാര്യം പറയുന്നു ലാ രഹിച്ചു അരത്തക്കമാർക്കോമു എന്തായിട്ട് പറഞ്ഞോ രാജഹിച്ച് വരത്തക്കവാണെങ്കിൽ രാജഹിച്ച് ചെടികളൊക്കെ മുളച്ചിട്ടിങ്ങനെ വാഴത്തളന്ന് നീ യഹിക്കുന്നു സമ്മിച്ച് പത്തറാഹ് മുപ്പറാന്ന് വന്നത് അതായിരിക്കും ഇവിടെ വര എന്ന അനർഹത സെൽഫോത്തിൽ എന്താ ഉപ്പറായ ഒരു പ്രത്യേക ഒരു ഉപമയാണ് ഇനി പറഞ്ഞു വരുന്നത് അപ്പറാ മക്കളു കൊണ്ടെന്താ ഉദ്ദേശിക്കുന്നു അതിന് അപ്പുറം ഉള്ളത് വന്ന് വ്യക്തം ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ജാഹരി ആരാന്ന് ഞാൻ ആരാന്നറിയാ സാറോൻ കോനെപ്പറ്റി അറിഞ്ഞില്ല ഡായ കദറന്ന് പറഞ്ഞില്ലേ അതല്ലേ സസവപ്പിന്റെ മുഴുവൻ മക്കളുടെ എൻ്റെ കാര്യം എൻ്റെ കരിമത്തിൽ കഴിഞ്ഞു എന്ന് അന്താരിഫ കതറൊക്കെ വരാത്ത കാരണ തവറക്കാന്ന് പറഞ്ഞു നീ ആരാന്നറിയാം നിന്റെ കഥലത്തലുണ്ട് നിന്റെ വിഷയത്തിന് നിന്റെ കരിമത്തിനാന്ന് നിന്റെ കതിരത്തിൽ എന്ന് ആ തൗരന്റെ അപ്പുറം മുറ്റെടുക്കാൻ പാടില്ല അതിനൊക്കെ കുറച്ച് തവണ കിട്ടണം എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തേച്ചും പ്രകടമാക്കിയല്ലേ ഉണ്ട് അതിന് കുറച്ച് ചാലി നിൽക്കണം ആ തോറ് കുട്ടി കടന്നിട്ട് ഇല്ലാത്ത പ്രകടമാക്കേണ്ട ആവശ്യം വരുന്നില്ല അതേ അതിനെപ്പറ്റി ബിജെപി തോൽവിക്ക് വെച്ചു പത്താം ക്ലാസ് പഠിച്ചിട്ട് ബി സർട്ടിഫിക്കറ്റ് എഴുതി കൊണ്ട് കൊടുത്താലേ കുട്ടിയോ നിങ്ങൾ പാപ്പന ചെയ്യുന്ന നേരത്തെ ഈ പത്താം ക്ലാസ് തോറ്റവനാണ് ഓൺ ഉണ്ടാക്കിയത് ട്യൂട്ടർ കോളേജിൽ പോയിട്ട് എം എന്റെ ബിരുദം വാങ്ങി പഠിച്ചിട്ടൊന്നുമില്ല എന്നിട്ട് ആ ബിരുദം അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കി എന്നോ പാസ്പോർട്ട് മിസൊക്കെ കൊടുത്തിട്ട് ഒരു ബി എ പണി ആർമ്മിച്ചു അപ്പൊ ഇവന്റെ ചില കളികൾ കാണുമ്പോ സ്പോൺസർക്ക് ചെറിയ സമജീവനത്തോണ്ട് പഠിച്ചോടെ അല്ലാന്ന് രണ്ടേ പോയി നല്ല തേങ്ങ ഇംഗ്ലീഷ് വന്നിട്ട് ഒരു കോൺവെർസേഷൻ നടത്താൻ പറ്റില്ല ഇവനിക്കറിയോ ഇംഗ്ലീഷ് എഴുതി വായിക്കാനും കൂട്ടി വായിക്കാനും അതിക്ക് ഞാൻ കല്ലിന്ന് കണ്ടിട്ട് അമ്മ എന്നെ കേട്ടി വിട്ടു അത് എന്നെ കേട്ടി വിട്ടണ് ഞാൻ എസ് എൽ സിക്കാരന് തോറ്റ എസ് എൽ സിക്കാരൻ എം എക്കാരനെക്കാരുക്കാൻ പറ്റില്ല നല്ല കിട്ടാലൊക്കെ കിട്ടിയാൽ ഞാൻ വിവരം കിട്ടുന്നു ഇവിടെ എന്തായി അരിപ്പൊ കഥക്കെ വല്ലാത്ത അവരൊക്കെ ശരിക്ക് പ്രായോഗ്യമായില്ലേ പഠിച്ചു വേറെ എന്താന്ന് പണി ഡ്രൈവറ് അന്നമാവന് ഇതുവരെ വണ്ടി കയറാൻ തന്നെ ഓടി വരും അതിന്റെ കൂട്ടാൻ ഇച്ചങ്ങനെ വണ്ടി ഓടിച്ചിട്ടില്ല വീറോ ആയിട്ട് ചെയ്തുമില്ല ഡ്രൈവറെ പണിക്കാണ് പോയി അറിവ് താക്കോലോട് പാർക്കിംഗിന്റെ വണ്ടി എടുത്ത് വെക്കും തട്ടാണെന്ന് കൂട്ടാണ്ട് എവിടെയും തട്ടാണെന്ന് കൂട്ടാണ്ട് അവിടെ നിന്ന് പാർക്കിംഗിന്റെ വണ്ടി എടുത്തിട്ട് തുടർന്ന് പിടിവിട്ടുണ്ടേ ഡ്രൈവർ ഇനത്തെ ഉറുക്കിപ്പ ഇനി ഉറക്കൊണ്ട് തീയർത്തോണ്ട് നിർത്തിച്ചിരുന്നീനൊരു വലവില്ല ഈ കളഞ്ഞു അന്ന തയറിപ്പ കരക്കൗറും കവിറാറിയ ഏ ആ സ്റ്റേജിനടാതെ കണ്ട് തയർ വെച്ച് മഴത്തോളാം അപ്പൊ അധഹരൻ ആൾക്കാരാണ് ഓന കൊണ്ട കവിറില്ല പടപ്പുകളിൽ നിന്ന് ഏറ്റവും അപകടകരന്ന് അതിനപ്പുറം പറയുന്നത് എൽമന്റെ കുപ്പായം കൊടുത്ത് ഇന്നിട്ടോ ജനങ്ങൾ അടങ്ങി പോയിട്ട് ബെസിനെ അടക്കി വിട്ടു എന്ന പറയും ഇത് മലർക്കാന്ന് വിചാരിച്ച് കാളെല്ലാം മഴപെട്ടു അല്ല പ്രമാശം എന്ന് പറഞ്ഞ കുപ്പായത്തിനാ പറയുന്നത് അസ്ബാഹു ലഹു മിനന്നാസി വാറാബിലഹും ആലിമൻ അപ്പൊ സമ്മാൻ രണ്ടാം അപ്പൂരാണോ ആലിമൻ എന്നുള്ളത് ഇവ എനിക്കെന്താക്കി ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മോലർക്കാണ് പേരിട്ടതും ഹൂന്റെ പേര് ആ മഞ്ഞു പറഞ്ഞ ഋതുല്യച്ചു ഇതിനൊന്നാമത് സമ്മാഹൂന്റെ ആരാ പേരിട്ടെ അസ്ബാഹുൽ അസ്ബാഹുല്ലഹു മിനന്നാത്ത ഈ മുസമ്മികൾ പേരിടുന്ന ഫായി ആ കൂട്ടത്തന്നെയാണ് ആരാ ആറാതിലഹും അവൻ എനിക്ക് ആരെയും നാട്ടുകാർ പേരുകൊടുത്തുന്നായി അതേസമയത്തിൽ വനം ജയിച്ചിട്ട് ഇൽമി ജമൻ സാലിമൻ ഇൽമിന്റെ വിഷയത്തിൽ സാലിം ആയിക്കൊണ്ട് ഒറ്റ ദിവസം പോലും ജീവിച്ച ആളല്ലെയാണ് ആളെല്ലാം വിളിക്കുന്ന വിളർക്കം പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ട് ഇഷ്ടിച്ചാറ് കാണിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് കലീലായൊന്ന് ആവശ്യത്തിനെത്തുന്ന കിഫായത്തുള്ള കലീലാന്ന് എന്തിനാ കാണാ ഖൈറമിമ്മ കസുറ വാൽ അത് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ കൂടുതലല്ല ഭാഗ ആവശ്യത്തിന് എത്തുകയും അത് കരിരാകുകയും ചെയ്ത സാധനമാണ് മനുഷ്യനെ അധികരിച്ചിട്ട് മതിമറപ്പിക്കുന്നതിനാണ് കയറെന്ന് പറഞ്ഞത് ഹത്തായി നാഗിൻ ഇന്നാസി മാലിമിത്തി മത്സ്യപ്പിട്ടാ കൈ കൊറച്ച് ഭാഗം ലക്ഷം വെള്ളവും കുടിച്ച് ഇതെന്തായി വെള്ളം കുടിച്ചാൽ കുറച്ച് മാതിരുമ്പ് പിന്നെ യാതൊരു ഫായ്ലയില്ലാത്ത കുറെ കാര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടി വരും മിംഗായിരം തായ്ല വെച്ച് പിന്നെ ജനങ്ങൾക്ക് മാലിന്യമായിട്ടിരിക്കുന്നതിന് ജനങ്ങൾക്ക് തിരിയാത്ത കാര്യമല്ലെന്ന് പറഞ്ഞിടത്ത് ഓറെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കണ്ടാ ഇവനിക്കെന്തെങ്കിലും തിരിയാത്തൊരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ എന്താ ഹിദുൽ മുഹിമത്ത് വന്നു ഇവന്റെ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് പല കക്കിടികളും അതിലോ തെവിളോ ഒപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് ജനങ്ങളെ പ്രതികരിക്കലാണ്ടേ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാ അല്ല എന്നാ അതെന്ന് പറഞ്ഞാൽ അതുമില്ല ഹയ്യ ഹലഹ നീ ഈ മൊഹിമ്മാത്തിനീ വേണ്ടി ഇവനെന്താക്കും റഹ്യയിൽ നിന്ന് ഹസ്ബർ അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടാവും റഹ്യ റയ്യ കളിൽ അല്ല ഇവന്റെ അഭിപ്രായങ്ങൾ പർവ്വമുത്തിന്റെ അതുകൊണ്ട് ഇവനും ശുഭഹാത്തിന് തീർത്തപ്പെട്ട ആളല്ലുണ്ടല്ലോ ശരിക്ക് വന്ന ചരന്തി വലയിൽ അയപ്പുള്ളത് ചെറന്തി വല കൊണ്ട് നൂതമാനോട് മെച്ചു മുറിക്കപ്പിന്നെ അയച്ചില്ലല്ല ഇവ കത്തുകയായിട്ടുണ്ടോ മുട്ടീപ്പായിട്ടുണ്ടോ എന്ന് നിശങ്ങായിക്കറിയില്ല ജനങ്ങളെ തോപ്പിക്കാൻ പറഞ്ഞ കണ്ടെ ഇരുളോ തോട്ടരച്ചി ജഹാലാതിന്റെ വാഹനക്കാരാണ് ആ വാനെങ്കിലബാത്താന്ന് നേരെ മരിക്ക് പോകില്ല കഫീൻ തടഞ്ഞിട്ടും വീണ് അശബാക്ക് എന്ന് പറഞ്ഞാൽ കണ്ണു കാണാത്ത എന്ന് പറയുന്നത് കണ്ണാണാത്ത ഒട്ടകത്തിനാന്ന് അറക്കാൻ പെട്ടാലേ ആ കുണ്ടിലും വീണ് കുളത്തിലും വീണ് അടിയും വീണ് ഇടിയും വീണിങ്ങനെ കണ്ണാണാത്ത മൃഗത്തിനോട് പറ്റി വയ്യ അറിയില്ല കണ്ണു കാണൂലേ പിന്നെ എന്തെങ്കിലും ചെയ്യാം ായാത്തത് മി്മായാലുമോ എന്ന് അറിയാത്തൊരു കാര്യത്തിന് ഉദര് പറയോ അതുമില്ല പൈ എത്രം വന്നാലും കലാമത്താവും എന്ന് അത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് പേര് ഉതിർ വന്നെങ്കിൽ അയാള് പഠിച്ചിട്ടില്ല ഞാനിടത്തേക്ക് എത്തിയിട്ടില്ല എന്നെങ്കിൽ ഉതിർവ് വന്നെങ്കിൽ തൽക്കാലം കലാമത്താകായിരുന്നു അതുമില്ല എന്നാലോ വലായാലും അല്ലെങ്കിൽ എനിക്ക് നിർത്തിയും കാത്തേം അല്ലെങ്കിൽ നല്ലൊരു ഇൽഭിന്ന കൊണ്ടാക്കാൻ അണപ്പിട്ടുണ്ട് കടിച്ചു പിടിച്ചിരുന്നുവെങ്കിൽ വെച്ചാൽ ഉറപ്പായിട്ട് പാസഞ്ചാക്കിയിരുന്നുവെങ്കിലോ പൈ അങ്ങനമ്മ എന്നാൽ അനിയമത്തെടുക്കായിരുന്നു പഠിക്കാനും തയ്യാറുണ്ടാവില്ല പഠിക്കാത്തത് അറിയാന്ന് പറയാനും തയ്യാറുണ്ടാവില്ല പിന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തെല്ലാം ഒഴിവ് ഒഴികൾ പറഞ്ഞിട്ട് തട്ടിപ്പുണ്ടാക്കാം ഇത്തരക്കാരെ കാണുന്ന അവസരത്തിൽ ചോരൊഴിച്ചിട്ട് കരയണം എന്ന് പറയും നമുക്കിത് മീൻസ് ബുദ്ധിമാറും കണ്ണീര് കളിച്ചാൽ പോരാ ചോര കരികഞ്ഞാല് കരഞ്ഞിട്ട് ചോര വറക്കണം ഹെറാമാക്കപ്പെട്ട പൂർവ്ജികൾ ഇവരെ കള്ളാർ കൊണ്ട് ഹരാനാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം കഴിയാത്ത പണിഞ്ഞു പായിച്ച അങ്ങനെയുണ്ടോ കൊറേ കാലം വരാത്തല്ലേ എന്നെല്ലാം പായിച്ചിട്ട് പായ്ക്കം കൊടുത്തേക്ക് അതിർത്ത പോയതക്കത്തിന് കണ്ടെന്ന് ചോദിച്ചോട്ടെന്ന് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം മാപ്പിള കലവിൽ ഇണ്ട് ഇങ്ങനെ അങ്ങനെ പൈസ പറ്റൂല അവര കലാഖോ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇദ്ദേഹം കാണും പോയ തക്കത്തിന് എന്താക്കി പദത്തോലെ കണ്ടുപോലും അങ്ങോട്ട് പൈസ കൊടുത്തോളും അത്ര കാലേ വരാത്തേ ഇത്ര കാലം അതെന്താ ഇനി പോയി വന്നിട്ട് ഇന്നുള്ള വച്ചിട്ടുണ്ടെന്ന് പറയുന്ന മൂന്ന് മാസം കത്ത് നിന്ന് വച്ചു ബിരിയാണി കഴിച്ചിപ്പൊ പെണ്ണ് കിട്ടുന്നു അപ്പൊ നേർക്കു നേരെ പറഞ്ഞുണ്ടായി ഹറാം ഹറാന്ന് നോക്കപ്പെട്ട പുറത്ത് ഇപ്പൊ പുതിയ പുതിയ പുറത്തേക്ക് അനാലയില്ലേ ഞങ്ങളെ കൊത്തുപോന്നു മുലാക്ക് എന്തെങ്കിലും കാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് കിറ ആകുമെന്നാകും മനസ്സിലാക്കി ഞാൻ നിങ്ങൾ മനസ്സിലാക്കി എന്നെ പറഞ്ഞാ ചിലവ് തീനില്ല അതിനി സർഹ നോക്കിയിട്ട് ബതി പിടിക്കാൻ വേണ്ടിയാണ് തൽക്കാലം വയ്ക്കുന്നത് ഇവൻ ഘടിപ്പിക്കപ്പെട്ട കാര്യത്തിന് ഇവൻ അകരല്ല ഇവർക്കാണ് എല്ലാ മതങ്ങിയിട്ടുള്ളത് ഓറെ കാര്യത്തിന് ഒത്തിട്ടാണ് കരയിൽ നിന്നാണെ കുറിച്ച് കരയിക്കേണ്ടത് ന്യായത്തിനല്ല പഴയത്ത് മെച്ച പെണ്ണും പെണ്ണുങ്ങളെ പെണ്ണാണ് കരിപ്പിച്ചിട്ടുണ്ട് ചായം ചോറിലും കൊടുത്തിട്ട് കരയാനും വേണ്ടിയിട്ടാണ് ഓർക്ക് വേണ്ടി വേണ്ടി ജീവിതകാലം മുഴുവൻ കരയേണ്ടത് ഇവരുടെ കാര്യം നിങ്ങളുടെ കരിമാത്രം വ്യക്തമാവില്ല അത് കട അങ്ങനെ താങ്കൾക്ക് നിർത്തിവെക്കാൻ അല്ലാണ്ട് അറിയാവില്ല വപ്പാലും അങ്ങനെ വർദ്ധിപ്പിച്ചാൽ എന്താ നേരത്തെ പറഞ്ഞാൽ മതിയാവും അതാ ചിടെ ലാ യാത്തവരും വിമാനായാലും പയസനമ്മ വലായാലും അല്ലെങ്കിൽ ദിവസം കാത്തി പയ്യാമ എന്ന് പറഞ്ഞു വേണ്ടി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനെന്താക്കണം ചെലിക്കടക്കി ഒടുക്കി വെക്കണം എന്നാ കാളിമീന കറത്ത് പ്രകടിപ്പിക്കാതെ ഉറപ്പിച്ചു വെക്കാം അതിന്റെ കൂടെ ചിരിന്ത മാ കലത്താൻ പാടില്ല അന്നേരം എന്താക്കുന്നറിയോ കൽബുകൾ അതിനാൽ തള്ളിക്കളയണം മറ്റ കുത്തിന്നല്ലാണ് കൽബുകളെ തള്ളിക്കളയപ്പോ വിൽമിന്റെ ഗോരമ പറ ഒരു ചിരി ചിരിച്ചാൽ എന്താന്നറിയോ എൽമ നല്ലോണം തൊക്കിക്കളഞ്ഞിട്ടുണ്ടാവുന്ന എൽമിന്റെ ഒരു ചിരിയോട് ചോദിച്ചു എന്നിട്ട് അതിന്റെ ആ സ്വഭാവം ഇഷ്ടപ്പെട്ടു വക്കീലിം ഒരു മുഹല്ലിമ് മൂന്ന് കാര്യം ഒരുമിച്ച് കൂട്ടി എന്നാൽ ആ മൂന്ന് കാര്യങ്ങളാണി മുത്തമിന്റെ പേരിലെ നിയമത്ത് പൂർണ്ണമായി കിട്ടിയിരിക്കുന്നു മുത്താലമിന് വലിയ വ്യതിയാനം ആ മാലിനെ കൊണ്ട് എന്തെല്ലാന്ന് ഒന്ന് സദർ രണ്ട് തവാദുകൾ മൂന്ന് ഹെസ്റ്റിനുള്ള എന്നാ മുത്തല്ലമിന് നല്ല കുടം തന്നെ ഏ ടീച്ചും പറഞ്ഞു മുത്തല്ലമിന് മൂന്ന് കുടം കുടും വൈലാജമാൻ മുത്തല്ലി മുലാതൽ സമ്മത്തുപിയാലൽ മുഹലിമി మనిమినో నేమత అవి అదన్నది అల్ లకును వనదబో వహసల్ పగము మూల దరి చే ఉంది అకరం బాణం అదబం బాణం వహసల్ పహము బాణం కొల్లగణోడ బాడొట్టుకున్నా ని రాత్రి ఆవరనే చ అమ్మతోనే చేత పిండి పడిపకిని వెలనేయని లేదు అన్నా మూనారి ఆగాడకు మూనారిని బాక్ വഹറ ജുംലതി ഫന്ന അഖലാഖുല്ലതി വറദബിൽ ഖുർആനു ലായം ഫഖുന്ന ഉലമാഉൽ ആഹിറ മുത്തതി പറ ഖുർആനുന്നമീമിൽ പറയപ്പെട്ട കുറേ അഖ്ലാഖുകളുണ്ട് ഖുർആൻ മതഹിക്ക് പറഞ്ഞ കുറേ അഖ്ലാഖുകളണ്ടല്ലോ അതിനൊട്ട് ഉലമാഉൽ ആഹിറ ഉയാ പാടില്ല എന്ന് പറഞ്ഞു വന്നത് കുറ മഹത്വയോടെ അഖ്ലാഖനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഉലമാഉൽ ആഹിറ ഒന്നി നിൽക്കാൻ പറ്റില്ല കാരണം 2 നും യതഅല്ലമുനൽ ഖുർആന ഖുറാനാണെന്നല്ല പഠിക്കുന്നത് വട്ടാക പൈസ പോകുന്നു ഖുറാനിലേക്കല്ലേ അതെന്തിനാ അതിൽ അമലിനെ വേണിട്ടാണ് ഇതിഹാസത്തിനല്ലല്ലോ പഠിച്ചത് ലക്കാൽ പറയുന്നുണ്ടാ നമ്മൾ കൊറേ കാലം ജീവിച്ചു നമ്മളിൽപ്പെട്ട ഒരാൾക്ക് എന്താണെന്ന് അറിയാം ആ നീമ നൽകപ്പെടും ഇമാന നൽകപ്പെടൽ യുത്തൻ ഈമാനാന്നല്ലേ അല്ലെ രണ്ടാം രണ്ടാം ഒക്കെ അച്ചവന് അഞ്ചു ഫേച്ചുപോയി ഖുർആാൻ കിട്ടുന്നതിന്റെ മുമ്പായിട്ട് എന്താ അവിടെ ചില ഈമാന നൽകപ്പെടല് അപ്പൊ ഖുർആാൻ അതിന്റേതായ ശരിയായ സ്ഥാനത്തിറങ്ങും ഈമാനണ്ട താല്പര്യക്കിറങ്ങിയല്ലോ അപ്പൊ ഒരു സൂറപ്പിങ്ക് ഇറങ്ങും സൂറത്തിറങ്ങുന്ന വക്സത്തിൽ അതിന്റെ ഹലാല് ഹറാവ് അവാമിർ നവാഹികൾ അതുപോലെ എന്തൊക്കെ വേണമോ വമാ എമ്പ എല്ലാം മനുഷ്യരിക്കാൻ ഉൾക്കൊള്ളാൻ വക്കദറായിട്ടോറിജാലൻ ചിലയാള ഞായിപ്പം കാണുന്ന യുവത്താഹ് ഖുറാന കമലിൽ ഈമാൻ ഈമാനാണെന്ന് നമുക്ക് ഖുറാൻ ഇറങ്ങുമ്പോൾ ഇമാനില്ല ഖുറാനാണ് ആദ്യം എന്നിട്ടോ പയക്കറവ് മാതാ ഇന ഫാത്തിഹത്തിൽ കിതാബീന ഹാത്തിയ സുഹൃത്ത് മുതൽ ഹാത്തി മത്യവർ ഓതുവേ ലായറഹു ആമിറഹുമാജുറഹു എന്തെല്ലാം കൽപ്പനകളാന്ന് എന്തെല്ലാം സാജുരാന്നോ മമാ എന്തൊക്കെ ഞാൻ എന്തോ എന്ന് പറഞ്ഞ ഒന്നിനും എന്താവില്ല ഇതിനെ കുറിച്ചുകൊണ്ടു ക്ലാസ് കുറാം ക്ലാസ് കുറാൻ പഠിക്കുന്ന കയച്ചറ്റോ എന്തെക്കെയാണ് ദക്കൻ താണതന ഒന്ന് ഈ സുറുമൊന്നുമില്ലാത്ത കാര്യം ഉണ്ടാവില്ലേ ഇപ്പൊ ചപ്പഴ് അതായിരണം ചെയ്തു ഹബിരൻസിന് ഊസീന കവലു മാറി മാനോന്നാമല്ലോ അതാ മിസിനു ഹദീസിന്റെ വിഭാഗത്തിൽ മിസിനഹു എന്ന് പറഞ്ഞെങ്കിൽ തുല്യമായ ലഹുതുണ്ടാവും ഈ മാനാ ലഹുന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലഭമുണ്ടാവും കമിറൽ ഖുർആാനും മറ്റേതാണുള്ളത് അഹമുന യൂത്തൽ കമിറ ഖുർആാൻ വസത്തകൃത്തി മാനലൊക്കെ അല്ലൂഫുകളൊക്കെ നല്ല നേരെ ചൊവാക്കും അതാക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതുണ്ടാവൂല എന്നിട്ടോ അതിന്റെ ഹഡുകളെയും ഹക്കുകളെയും ഇത് ഇളാസ് ആക്കിയിട്ടുണ്ടാകും യക്കോനോന ഓർ പറയുന്ന കറയിന നമ്മളല്ലേ ഓർജ് ഓട്ട് പഠിച്ചാൾ അമ്മയല്ലേ പമ്മൻ നക്കർ ഒന്നെ നമ്മളെനാക്കാണ് ഓട്ടു പഠിച്ചാൾ ആരുണ്ട് പിന്നീട് ബാലിമിന നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പമ്മൻ അലവുമില്ല നമ്മൾക്കാണ് ഇനി ഇവരുള്ള ഇനി ആരുണ്ട് എന്നാണ് വേറെ ആ നാട്യം അതാക്ക് ഹന്നും അതെ ആ പറഞ്ഞാണ് ഓർത്ത് കിട്ടിയ ഹന്ത് എന്താണ് ഓർന്നും കിട്ടിയിട്ടില്ല ഓർക്ക് കിട്ടിയ കോളർ തന്നെ നമ്മളില്ല പഠിച്ചാളെന്ന് ഒഫീൻ ലഹബീൻ ഉലായ്ക്ക് ചെറാർ റഹാദിൻ ലുമ്മത്തി എന്നും കൂടെ മറ്റൊരു ലഹമീനുണ്ട് എന്റെ ബാക്കിയിലെ